വിവാഹമോചനം രണ്ടു തവണയാണ് പിന്നീട് മാന്യമായി കൂടെ നിർത്തുകയോ അല്ലെങ്കിൽ സൽസ്വഭാവത്തോടെ വിട്ടു നൽകുകയോ ചെയ്യുക നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്നും യാതൊന്നും തിരിച്ചുവാങ്ങുന്നത് നിങ്ങൾക്കനുവദനീയമല്ല അവർ അള്ളാഹു സുബഹാനുഹൂവത്തായാല നിശ്ചയിച്ച പരിധികൾ പാലിക്കില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒഴികെ അള്ളാഹുസുബഹാനുഹൂവത്തായാല നിശ്ചയിച്ച പരിധികൾ അവർ പാലിക്കില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അവൾ നൽകി പരിഹരിക്കുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു കുറ്റവുമില്ല ഇവയാണല്ലാഹുസുബഹാനുഹൂവത്തായാല നിശ്ചയിച്ച പരിധികൾ അതിനാൽ അവ ലംഘിക്കരുത് അള്ളാഹു സുബെഹാനുഹുവ തായാല നിശ്ചയിച്ച പരിധികൾ ലംഘിക്കുന്നവർ അക്രമികളാണ്